അങ്ങനെ മുൻപ് പല സമുദായങ്ങൾ കഴിഞ്ഞുപോയ ഒരു സമുദായത്തിലേക്ക് നിന്നെ നാം നിയോഗിച്ചിരിക്കുന്നു നിനക്ക് നാം വെളിപ്പെടുത്തിയത് അവർക്ക് ഓദിക്കൊടുക്കാൻ വേണ്ടി എന്നാൽ അവർ പരമകാരുണികനായ വാഹുവിനെ നിഷേധിക്കുന്നു പറയുക അവൻ എന്റെ രക്ഷിതാവാണ് അവനല്ലാതെ ആരാധനയ്ക്കർഹനായി മറ്റാരുമില്ല അവനിലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത് അവനിലേക്കാണ് എന്റെ മടക്കവും